അവർ നിന്റെ രക്ഷിതാവിങ്കിൽ നിരയായി ഹാജരാക്കപ്പെടും അന്ന് പറയപ്പെടും സ്മൈലി ഫേസ് നാം നിങ്ങളെ ആദ്യമായി സൃഷ്ടിച്ചതുപോലെ നിങ്ങൾ ഞങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു എന്നാൽ നിങ്ങൾക്കൊരു നിശ്ചിത സമയം നാം നിശ്ചയിക്കില്ലെന്ന് നിങ്ങൾ വാദിച്ചിരുന്നു